പ്രചേതസികളുടെ പുത്രനായി മറ്റൊരു ദക്ഷൻ സതീദേവിയുടെ അച്ഛനായ ദക്ഷനല്ല അദ്ദേഹത്തിന് സൃഷ്ടി ചെയ്യാനായിട്ട് ഏൽപ്പിച്ചു പുത്രന്മാരുണ്ടായി ദക്ഷന് അസിഗ്നിൽ ഹരിയശ്വന്മാർ എന്ന പേരിൽ പതിനായിരം പുത്രന്മാർ ജനിച്ചു അതിനോട് പറഞ്ഞു ദക്ഷൻ അച്ഛൻ പറഞ്ഞു സൃഷ്ടികർമ്മം ചെയ്യാനായിട്ട് പോവാം അപ്പൊ പോകുന്ന വഴിയിൽ ശ്രീനാരദ മഹർഷിയെ അവര് കണ്ടു നാരദം ചോദിച്ചു എവിടേക്കാണ് അപ്പൊ പതിനായിരം പേരും കൂടെ പോണതോ അച്ഛൻ പറഞ്ഞു സൃഷ്ടി ചെയ്യാനായിട്ട് അതിന് പോവാണ് നാരദം അടുത്ത് വിളിച്ചു പറഞ്ഞു ഇതാ ഏടാകൂടത്തിൽ കൊടുക്കണ്ട ഈ ലോകത്തിലുള്ളവരൊക്കെ എന്താ ചെയ്യാന്ന് വെച്ചാ അവരൊരു കുഴിയിൽ വീണാൽ അവര് പുറത്തിറങ്ങുന്നതിനെക്കാളും അവർക്ക് ഇന്ററസ്റ്റ് മറ്റുള്ളവരെ വലിച്ചിടുന്നതിലാണ് തിൽ നിന്ന് പുറത്തു വരുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് മറ്റുള്ളവരും കൂടെ അതിൽ വീണ ഒരു സന്തോഷം അതുകൊണ്ട് വളരെ ജാഗ്രത ഈ സംസാരം എന്ന് പറയുന്ന നദി അതിനൊന്ന് വർണ്ണിച്ചു കൊടുത്തു അത് അങ്ങോട്ട് ഒഴുകും ഇങ്ങോട്ട് ഒഴുകും അതിന് കുടുങ്ങിക്കഴിഞ്ഞാൽ പുറത്തു വരാൻ പറ്റില്ല അതിനെ താത്വികമായിട്ട് നാരദം പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു വന്നില്ല നിങ്ങൾ വേണമെങ്കിൽ വിചാരം ചെയ്ത് നോക്കി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചേത്തോളൂ ഒന്ന് പറഞ്ഞിട്ട് പോയി ഈ അര്യേശ്വന്മാര് ഈ നാരദൻ ഉപദേശിച്ചത് കുറച്ചുനേരം ആലോചിച്ചു നോക്കി ശരിയാണ് നമ്മൾ വെറുതെ കുടുങ്ങരുതെന്ന് തപസന് പോയി ഈ പതിനായിരം പേര് പോയവര് തിരിച്ചു വന്നതേ ഇല്ല ദക്ഷൻ കാത്തിരുന്നു കാത്തിരുന്നു വന്നതേ ഇല്ല അപ്പോഴാണ് വാർത്ത അറിഞ്ഞത് വഴിയിൽ നാരദ മേഴ്സി സന്യാസമാർഗം ഉപദേശിച്ചു പോട്ടെ കോപം ഒന്നുമെങ്കിലും അടക്കിയിട്ട് ശബളാശ്വന്മാരെന്ന് പിന്നെയും ഒരു പതിനായിരം പേരെ സൃഷ്ടിച്ചു പറഞ്ഞേച്ചു അവര് തപസ്സന് പോകുമ്പോ അവര് സൃഷ്ടി വിവർത്തനം ചെയ്യാൻ പോകുന്ന വഴിയിൽ വീണ്ടും നാരദ മഹർഷിയെ കണ്ടു നാരദം ചോദിച്ചു എവിടേക്കാ ഞങ്ങള് തപസ് നിങ്ങൾക്ക് ഏട്ടന്മാരുണ്ടായിരുന്നത് അറിയോ ചോദിച്ചു ഇല്ലല്ലോ അച്ഛൻ ഞങ്ങളോടൊന്നും അതാണ് അച്ഛന്മാരെന്ന് പറഞ്ഞത് അവരൊന്നും പറയില്ല നിങ്ങൾക്കൊരു പതിനായിരം ഏട്ടന്മാരുണ്ടായിരുന്നു മഹാബുദ്ധിശാലികൾ അവരെ ഇതുപോലെ ഏടാകൂടത്തിനായിട്ട് അച്ഛൻ പറഞ്ഞുതച്ചു അപ്പൊ ഞാൻ വഴിയില് കണ്ട് ഒരു തത്വകഥ പറഞ്ഞു കൊടുത്തു നിങ്ങൾക്കും പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾക്ക് ഏട്ടന്മാരുടെ വഴിക്കും പോവാം അച്ഛൻ പറഞ്ഞതും കേൾക്കാം വേണമെങ്കിൽ രക്ഷപ്പെടാം വേണമെങ്കിൽ കൊടുങ്ങാം എന്നു പറഞ്ഞാൽ നാരദ മഹർഷി പോയി ഇവരും പോയി തപസ്സിന് എന്നിട്ട് ഈ നാരദനുണ്ടല്ലോ നേരെ പോയി ദക്ഷൻ എടുത്ത് പോയി നമസ്കരിച്ച് നിന്നു അതാണ് എനിക്ക് ഇത്രയും പറഞ്ഞ് പറഞ്ഞയച്ചിട്ട് ദക്ഷന്റെ മുമ്പിൽ പോയി കൈകൂപ്പി നിന്നു ദക്ഷൻ കോപം കൊണ്ട് വരച്ചിട്ട് പറഞ്ഞു ദുർബുദ്ധി ഒരാൾക്ക് ലോകവിഷയങ്ങൾ അനുഭവിക്കുന്നതിന് മുമ്പ് വൈരാഗ്യമെന്ന് ജ്ഞാനം വരുമോ ഈ ഭിക്ഷുക്കളുടെ മാർഗത്തിനെ കാണിച്ചു കൊടുത്തുവല്ലോ ഇത്രയും പേരെ പത്തായിരക്കണക്കിന് ആളുകളെ ഇങ്ങനെ ഭിക്ഷുക്കളായി ഇറക്കി വിട്ടിട്ട് തനിക്ക് എന്ത് കിട്ടി തനിക്ക് ഒരിടത്തും പ്രതിഷ്ഠ കിട്ടാതെ പോകട്ടെ നിൽക്കാതെ അലഞ്ഞുകൊണ്ട് നടക്കുമാറാവട്ടെ എന്ന് ശവിച്ചു നാരദനെ നാരദൻ താങ്ക് വെരി മച്ച് എന്ന് പറഞ്ഞു എവിടെങ്കിലും ഒരിടത്ത് നിന്നാ മഹാപകടമാണ് സാധുക്കൾ ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കണം നിൽക്കാനേ പാടില്ല ഒരിടത്ത് നിന്ന് ആസക്തി വന്നുപോകും ആളുകൾ പിടിച്ചു പോവും എന്തെങ്കിലുമൊക്കെ പറയും അങ്ങനെ ആളുകൾ അല്ലെങ്കിലേ സാധുക്കളെ ഉപദ്രവിക്കും ഒരു ഒരു സ്വാമി പറഞ്ഞു പോണം ഇങ്ങനെ നാട് നാടായിട്ട് പോകുമ്പോ ആളുകൾ പിന്നാലെ കൂടും കൂടിയിട്ട് മക്കൾ ജനിച്ചില്ല എന്നൊക്കെ പറയും ഒരു ഭസ്മം കൊടുത്തിട്ട് ഒറ്റ പോക്ക് പോണോ അത്രേ പിന്നെ ഒരു പത്ത് വർഷത്തേക്ക് ആ വഴിക്ക് വരാൻ പാടില്ല അവർക്ക് കുട്ടികൾ ഉണ്ടായാൽ സ്വാമിക്ക് പേര് ഉണ്ടായിട്ടില്ലെങ്കി ഇനി കാണില്ലല്ലോ നിങ്ങൾ ഭസ്മം തന്നിട്ടോ എന്താ നടന്നില്ല ചോദിക്കില്ല അതുകൊണ്ട് കൊടുത്തിട്ട് ഒരേ പോക്ക് പോകണം എന്നാണ് പിന്നെ പത്ത് വർഷത്തേക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല ഒരിടത്ത് നിന്നാലാണോ അപകടം എവിടെയെങ്കിലും ഒക്കെ നിന്നാൽ നിങ്ങൾ പറഞ്ഞ പോലെ നടന്നില്ലല്ലോ അങ്ങനെ നടന്നില്ലല്ലോ അങ്ങനെ നടന്നില്ലല്ലോ ഒക്കെ ചോദിക്കും അപ്പൊ സംശയം ചോദിക്കാൻ ഒരേ ഇടത്തേക്ക് ക്ലാസ് എടുക്കുക എന്ന് വെക്കാൻ പാടില്ല ഇങ്ങനെ പ്രഭാഷണം ചെയ്ത് ഒരേ പോക്ക് പോകണം പിന്നെ ഒരു ഒരു വർഷം കഴിഞ്ഞിട്ടേ പത്ത് വർഷം കഴിഞ്ഞിട്ടേ വരാൻ പാടുള്ളൂന്ന് ഇപ്പോ നാരദ വർഷി പറഞ്ഞു ദക്ഷന് ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നാരദം വെച്ചു ഒരു നടത്തുകൊടുത്തു ഒരിടത്തും നിൽക്കാൻ പാടില്ല എന്നൊരു ശാപം അങ്ങനെയാണ് അങ്ങനെ ഈ ദക്ഷന്റെ മക്കൾക്കൊക്കെ വഴിയൊക്കെ പറഞ്ഞുകൊടുത്ത് നാരദ മഹർഷി ഈ സമയം വേറെ ഒരു കഥ ചിത്രകേതു വാക്യാനും ഭാഗവതത്തിലെ ആദ്യം വൃത്തരന്റെ കഥ പറഞ്ഞിട്ട് പിന്നെ ചിത്രകേതുവിന്റെ കഥ പറയും ഇവിടെ ചിത്രകേതുവിന്റെ കഥയായിട്ടാണ് ഇവിടെ ഇങ്ങനെ പറയണത് ൂരസേതു പുത്രീ നൃപതിരംഗി അമു്യതവശസ്തവമാിത്രേതു രാജാവ് ശൂരസേനന്മാരുടെ നടുവിൽ ആ രാജാവ് ധാരാളം പത്നിമാരുണ്ട് പക്ഷെ ഒരു കുട്ടിയില്ല ആ ദുഃഖം രാജാവിന് ആ ദുഃഖം കാരണം സകല അമ്പലങ്ങളിലും സകലടത്തും പോയി പൂജിച്ചു ആരാധിച്ചു പ്രാർത്ഥിച്ചു ഒന്നും നടന്നില്ല അഞ്ചിരസഗഗോത്രത്തിന് പെട്ട ആളാണ് നല്ല ഭക്തൻ അങ്ങനെ ഇരിക്കുമ്പോ ചിത്ര കേത്തു ഇതിനെ കാണാനായി അങ്കിരസ് മഹർഷി ഒരു ദിവസം കൊട്ടാരത്തിലേക്ക് വന്നു അങ്കിരസ് മഹർഷി അപാര കാരുണ്യമുള്ള ഋഷി ബ്രഹ്മജ്ഞാനികളിൽ ശ്രേഷ്ഠ ഉപനിഷത്തുകളിൽ പ്രസിദ്ധനായിട്ടുള്ള ഋഷി സൗനഗന്ധന് മുണ്ടകോപനിഷത്തിൽ അങ്കിരസ്സിനോടാണ് ബ്രഹ്മവിദ്യ ചോദിക്കുന്നത് അങ്ങനെയുള്ള അങ്കിരസ് വന്നതിന്റെ ഉദ്ദേശം ചിത്രകേതുവിന് ആത്മതത്വം ഉപദേശിക്കണം എന്ന് പറഞ്ഞാണ് വന്നത് പക്ഷെ വന്നപ്പോ ചിത്രകേതുവിന്റെ മനസ്സിൽ ഒരേ സങ്കല്പമേ ഉള്ളൂ പുത്രൻ ഉണ്ടാവണം പുത്രനുണ്ടാവണം അനേക സങ്കല്പങ്ങളില്ല ഒരേ സങ്കല്പം പുത്രനുണ്ടാവണം ഈ സമയത്ത് ബ്രഹ്മവിദ്യ ഉപദേശിച്ചാൽ ഫലിക്കില്ല ഈ സങ്കല്പം ഒന്നിൽ നടക്കണം അല്ലെങ്കിൽ സങ്കല്പം ഉള്ളുന്നു പോകണം രാജാവ് അങ്കിരസനോട് പ്രാർത്ഥിച്ചു എനിക്കൊരു പുത്രൻ ഉണ്ടാവാൻ നിങ്ങളെ അനുഗ്രഹിക്കണം കുട്ടിയുണ്ടാവാൻ അനുഗ്രഹിക്കണം അങ്കിരസ് മഹർഷി ൊക്കെ നടത്തി അതിന്റെ പുരോഢാശ അതിന്റെ ചരു അതിന്റെ ആഹുതി അർപ്പിച്ചതെടുത്ത് രാജാവിന്റെ അടുത്ത് കൊടുത്തിട്ട് കൃതദ്വിതി എന്നൊരാജ്ഞക്ക് കൊടുത്തു എന്നിട്ട് അങ്കിരസ് പറഞ്ഞു ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു പുത്രൻ ഉണ്ടാവും അർഷശോക്രദ നിങ്ങൾക്ക് ആ പുത്രനിൽ നിന്ന് സുഖവും ഉണ്ടാവും ദുഃഖവും ഉണ്ടാവും ഒരേപോലെ സുഖം മാത്രം തരുന്ന പുത്രനല്ല സുഖവും ദുഃഖവും തരുന്ന ഒരു കുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് അങ്കിരസ് പോയി അങ്ങനെ ഇരിക്കുമ്പോ ലബ്ദ്വൈകപുത്രം തത്ര ഹതേ സപത്നീസ രാജാവ് എപ്പോഴും ഈ കുട്ടിയുടെ കൂടെ കൃതദ്വിതിയുടെ അന്തപുരത്ത് തന്നെ വസിക്കാൻ തുടങ്ങി അപ്പൊ ബാക്കിയുള്ള റാണിമാർക്കൊക്കെ ഇദ്ദേഹത്തിനോട് ഈ കൃതദ്വിതിയോട് അസൂയ തോന്നി ഈ കുട്ടി ജനിച്ചത് കാരണമാണ് നമ്മളുടെ അടുത്തൊന്നും വരാത്തത് എന്ന് ആ കുട്ടിക്ക് വിഷം കൊടുത്ത് കൊന്നു രാജാവ് ആ കുട്ടി ജനിച്ച സന്തോഷത്തിലിരിക്കെയാണ് ആ കുട്ടി മരിച്ചതും കണ്ടു മുമ്പില് രാജാവിനുവല്ലാത്ത വിഷമായി രാജാവും ഈ രാജ്ഞിയും തലയ്ക്കടിച്ച് കരയാണ് സഹിക്കവയ്യാത്ത ദുഃഖം അങ്ങനെ ദുഃഖിച്ചിരിക്കുമ്പോൾ വീണ്ടും മുമ്പില് അങ്കിരസും നാരദനും കൂടെ പ്രകാശിച്ചു നാരദ മഹർഷിയും കൂട്ടിക്കൊണ്ടുവന്നു അങ്കിരസ് രണ്ടുപേരും കൂടെ പ്രകാശിച്ചു രാജാവെ എന്തിനീ ദുഃഖം ഈ ദുഃഖത്തിനും ഒരർത്ഥമതിയാണ് വിത്ത് കുഴിച്ചിട്ടു ചില വിത്തുകൾ മുളയ്ക്കും ചില വിത്തുകൾ മുളയ്ക്കില്ല ചില മരം ഉണ്ടാവും ചില മരത്തിൽ കാച്ച് പഴു പഴു പൂത്ത് പഴുക്കും ഉണ്ടാവും ചിലതിൽ പഴം ഉണ്ടാവില്ല എല്ലാത്തിലും കായ്ക്കണം എല്ലാത്തിലും പഴവുണ്ടാവണം എന്നൊരു നിയതി ഇല്ല പ്രകൃതിയിൽ ദുഃഖം ദുഃഖം ഉപേക്ഷിക്കും ഈ പുത്രൻ ഉണ്ടായില്ല എന്നുള്ളതൊക്കെ പറയുന്നത് വെറും അജ്ഞാനം പുത്രൻ ഉണ്ടായിട്ട് എത്ര പേര് ദുഃഖിച്ചിരിക്കുന്നു അതുകൊണ്ട് രാജാവെ ഇത് വിട്ടുകള രാജാവ് ചോദിച്ചു നിങ്ങൾ ആരാണ് അഹം അങ്കിരാനാമ പുത്രദോസ്മി അങ്കിരാ നൃപ രാജാവേ അങ്ങക്കിയതിനു മുമ്പ് പുത്രൻ ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ച് അതേ അങ്കിരസ്സാണ് ഞാനിതായി വന്നിരിക്കണത് ഇപ്പൊ എന്തിനു വന്നു വന്നതിന് ഒരേ ഒരു കാരണം ബ്രഹ്മണ്യോ ഭഗവത് ഭക്തോനാവസീതിത്തുമർഹത സാധുക്കളുടെ നടുവിൽ ഒരേ ഒരു തീരുമാനവും ഉണ്ട് പറ്റാത്ത ഒരു തീരുമാനം എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ എവിടെയെങ്കിലും അല്പമെങ്കിലും ഭഗവാനെ ഭജിച്ച ഒരാൾ അയാളെ അളവിന് ദുഃഖിക്കരുത് ആ ദുഃഖമേർപ്പെട്ടാൽ അവിടെ പോയി ആ ദുഃഖം ശമിപ്പിക്കണം അതുകൊണ്ട് അങ്ങ് ദുഃഖിക്കുന്നത് കണ്ട് സഹിക്കവയ്യാതെ ഞാനിപ്പോ വന്നതാണ് എന്റെ കൂടെ വന്നിരിക്കണത് ശ്രീനാരദൻ ഞാൻ പോരെങ്കിലോന്ന് വന്നിട്ട് ആ നാരദ മഹർഷിയും വിളിച്ചോണ്ട് വന്നിരിക്കണം അന്ന് തന്നെ അങ്ങയുടെ വീട്ടിലേക്ക് ഞാൻ വന്നത് അങ്ങക്ക് ബ്രഹ്മതത്വം ഉപദേശിക്കാനായിട്ടാണ് വന്നത് പക്ഷെ അങ്ങ് ഞാത്വാ അന്യാഭിനിവേശം തേ പുത്രമേ വരതാമ്യഹം അന്ന് അങ്ങയുടെ ഉള്ളിൽ അന്യാഭിനിവേശം കണ്ട് പുത്രനെ തന്നു പക്ഷെ ഇപ്പോ അധുനാ പുത്രിണാം താപ ഭവതൈവാനുഭൂയത്തെ ഇപ്പോ പുത്രൻ ഉണ്ടായതിന്റെ ദുഃഖം അങ്ങ് തന്നെ അനുഭവിക്കണം ഞാൻ പറയാതെ തന്നെ അങ്ങ് തന്നെ പുത്രനുണ്ടായാൽ എന്താണോ ദുഃഖം അതനുഭവിച്ചു രാജൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിക്കോളാം സാധാരണ ലൗകിക മനുഷ്യൻ ഒരിടത്ത് ദുഃഖം അനുഭവിച്ചാൽ വേറെ ഒരിടത്ത് പരിശ്രമിച്ചു നോക്കും ഒരിടത്ത് ദുഃഖം അനുഭവിച്ചാൽ ഇതുപോലെയാണ് സർവം ദുഃഖമാണെന്ന് മനസ്സിലാക്കില്ല വീണ്ടും വീണ്ടും പരിശ്രമിക്കും പക്ഷെ രാജാവേ ഈ പുത്രൻ ഉണ്ടായി ദുഃഖം ഉണ്ടായില്ലേ ഇതുപോലെ തന്നെ ഏവം ധാരാ ഗൃഹാരായ വിവിധ ഐശ്വര്യ സമ്പദ ശബ്ദാദയശ്ച വിഷയാജ്യവിഭൂതയ मही राजज्यम बलम कौशो वृत्मा सुहृजना सर्वे शूरसेने में शोक मोह भय आर्तिद गंधर्वनगर प्रख्या स्वपन माया मनोरथा दृश्यमना विनाथेन न दृश्य मनोभवाजन ई क्या अंगे भार्य अ कुटि अगेड़्य अगे सपत् समि बंधुक इन्े गंधर्वनगर മാജിക്ക് കാണിക്കണം ഒരാൾ വന്നിട്ട് ആ കോലിങ്ങനെ കാണിച്ചാൽ അതിന്റെ മുമ്പിൽ എന്തൊക്കെയോ കാണും മാർത്താണ്ഡ വർമ്മയുടെ കാലത്ത് ഏതോ വലിയ ഇന്ത്യജാലക്കാരൻ തിരുവനന്തപുരം പട്ടണത്തിൽ വെച്ചിട്ട് ദേവാസുര യുദ്ധം കാണിച്ചു കൊടുത്തു അത്ര ആളുകൾക്ക് മുമ്പിൽ വെച്ച് കൂട്ടത്തില് നടുത്ത് പത്മനാഭസ്വാമി കോവിലിന്റെ മുമ്പിൽ വെച്ചിട്ട് കോലിങ്ങനെ കാണിച്ചപ്പോ ആകാശത്തില് വാളും പരിചയം കൂട്ടി മുട്ടലും ബഹളവും തലയില്ലാത്ത കബന്ധങ്ങൾ ചോട്ടിലേക്ക് വീഴണു തലയില്ലാത്ത ശരീരങ്ങൾ ഇങ്ങനെ ചോട്ടിലേക്ക് വീഴണു ഇത് കണ്ടു പേടിച്ച ആളുകൾ നെട്ടോട്ടം വട്ടോട്ടം ഓടി ഉള്ള ചാലിലൊക്കെ വീണ് കയ്യും കാലുമൊക്കെ പൊട്ടിച്ചു ഇന്ദ്രജാലമാണ് പക്ഷെ വാസ്തവം പോലെ അനുഭവിച്ചു എന്നാണ് ഗന്ധർവനഗര പ്രഖ്യാഹ അതുപോലെ മായ കാട്ടുന്ന ഒരു കൂത്ത് ഈ പ്ര ലോക ജീവിതം അതുകൊണ്ട് രാജാവെ ഇതിലുള്ള വിശ്വാസം വിടാം ദ്വൈതേ ധ്രുവാർത്ത വിശ്രംഭം ത്യജ് ഉപശമമാവശ രാജാവേ അദ്വൈതത്തില് മനസ്സിനെ ഉറപ്പിക്കുക രണ്ടാമതൊരു പൊരുളില്ല രണ്ടാമതൊരു പൊരുളുണ്ടെന്ന് തോന്നണുണ്ടെങ്കിൽ അത് വെറും ഇന്ദ്രജാലം ദ്വൈത പ്രപഞ്ചം ഉണ്മയാണെന്നുള്ള ഈ വിശ്വാസത്തിനെ വിട്ടുകളഞ്ഞിട്ട് അദ്വൈത ബ്രഹ്മത്തിൽ മനസ്സിനെ വെക്ക എന്ന് അങ്കിരസ് ഉപദേശിച്ചു അങ്കിരസ് വൈരാഗ്യ ഗുരു വൈരാഗ്യ ഗുരു അല്പം ജ്ഞാനത്തിന് ഉപദേശിച്ചു വൈരാഗ്യം കഴിഞ്ഞാൽ അടുത്തത് സാധനാഗുരു വേണം മന്ത്രോപദേശ ഗുരു അതൊന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി വൈരാഗ്യത്തിന് ഒന്നുകൂടെ ഉറപ്പിക്കാൻ വേണ്ടി അംഗിരസം എന്ന് പറഞ്ഞു ദാ ഒന്നുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ മരിച്ചു കിടക്കുന്ന കുട്ടിയുടെ ജീവനെ വിളിച്ചിട്ട് പറഞ്ഞു ഹേ ജീവ അച്ഛനും അമ്മയും ഒക്കെ കരയണു ഒന്ന് ഈ ശരീരത്തിൽ പ്രവേശിച്ച് ഇവരെ സന്തോഷിപ്പിക്കൂ ആ ജീവൻ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു എത്ര ജന്മത്തിൽ എനിക്ക് ആരൊക്കെയോ അച്ഛനായിരുന്നു ആരൊക്കെയോ അമ്മയായിരുന്നു ഏത് അച്ഛനെക്കുറിച്ച് പറയുകയാണ് നിങ്ങൾ ഏതമ്മയെക്കുറിച്ച് പറയണു കസ്മിൻ ജന്മന്യമീമഖ്യം മാതരോ പിതരോ ഭവൻ കർമ്മഭിഹി ബ്രാഹ്മ്യമാണസ്യ ദേവ തിരിയെന്ന രാധിഷു എത്ര ശരീരത്തിൽ ഞാൻ ചുറ്റിത്തിരിഞ്ഞു എത്ര ജന്മങ്ങള് ഒരു തായ് ഇരുതായി പലകോടിയതായി അരുണഗിരിനാഥർ പാടുന്ന ഒരു പാട്ടാണ് ഒരു തായ് ഇരുതായ് പലകോടിയതായി അവമായി തിരിയാതെ മുരുക കുമാര ഭഗവാൻ എങ്ങനെ ഹൃദയം ഉരുകി നാമം ചൊല്ലാൻ എത്ര ജന്മങ്ങൾ വേണ്ടി വരണമെന്നാണ് ഒരു തായ് ഇരുതായ് പല കോടിയെ തായ് എത്ര ജന്മങ്ങളിലും ഓരോ ഒരു ഒരമ്മയല്ല രണ്ടമ്മയെല്ലാം അനേക കോടി അമ്മമാര് അമ്മമാരുടെ ഗർഭത്തില് ചുറ്റി വന്നു എന്നിട്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി ചുറ്റി അവസാനമാണ് അവിടെ വന്നിരിക്കണത് ഇപ്പൊ ഇപ്പൊ ഏത് അമ്മയെക്കുറിച്ചപ്പോ ഞാൻ ആർക്കൊക്കെയോ അമ്മയായിരുന്നു ഞാൻ ആർക്കൊക്കെയോ അച്ഛനായിരുന്നു ആർക്കൊക്കെയോ മകനായിരുന്നു മകളായിരുന്നു ഇപ്പൊ ഏത് ജന്മത്തിലുള്ള ഏത് അമ്മയെ അച്ഛനെയാണ് ഞാനിപ്പോ എന്റെ പറയേണ്ടത് എന്ന് പറഞ്ഞ എന്നെ ഇനിയും ഈ സംസാരത്തിൽ കൊടുക്കരുതെന്ന് പറഞ്ഞ ആ ജീവൻ പോയി അപ്പൊ വൈരാഗ്യം പൂർത്തി നാരദമഹർഷിയെ വിളിച്ചു പറഞ്ഞു നാരദരെ ഇദ്ദേഹത്തിന് മന്ത്രോപദേശം ചെയ്തു കൊടുക്കും സാധനാ ഗുരു നാരദ അപ്പൊ മഹർഷി മന്ത്രോപദേശം ചെയ്തു കൊടുത്തു ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രത്യുനായ അനിരുദ്ധായ നമസ്സംഘർഷണായ ച എന്ന് മന്ത്രോപദേശം ആ മന്ത്രോപദേശം ചെയ്തു കൊടുത്ത് ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാഭിഭൂതിപഥയെ സകല സാത്വ പരിപിട കര കമല കുഡ്മളോ പലാളിതരണാരവിന്ദയുഗള പരമേഷ്ഠിൻ നമസ്തേ മന്ത്രോപദേശം ഭഗവാനെ ധ്യാനിക്കാനുള്ള വഴികളൊക്കെ നാരദ മഹർഷി പറഞ്ഞുകൊടുത്തു അതങ്ങനെ ജപിച്ചു ജപിച്ച് ജപിച്ച് ചിത്രകേതു കർമ്മ പ്രാരബ്ധങ്ങളൊക്കെ സമാസമമായി ഇനി പുണ്യം ക്ഷയം പാപക്ഷയം രണ്ടും പോയാൽ സൂക്ഷ്മ ശരീരം പോകും പുണ്യവും ശയിക്കണം പാപവും ശയിക്കണം അപ്പോൾ പുണ്യം ക്ഷയിക്കാനായിട്ട് ആദ്യം പുണ്യം അധികം ഉള്ളത് കൊണ്ട് വിദ്യാധരനായി തീർന്നു വിദ്യാധരനായിട്ട് ആകാശത്തിലൂടെ അങ്ങനെ പാട്ടുപാടി നടക്കുക വിദ്യാധര സ്ത്രീകളുമായി ഇങ്ങനെ പാട്ടുപാടി നടന്നു അങ്ങനെ പാട്ടുപാടി പാടി നടന്നു പുണ്യത്തിന്റെ ഫലമായി പുണ്യം എന്ത് ചെയ്യും എന്ന് വെച്ചാൽ ജ്ഞാനഗുരുവിന്റെ അടുത്ത് കൊണ്ട് ചെന്ന് എത്തിക്കും സാധന ചെയ്തതിന്റെ ഫലം ആദ്യം വൈരാഗ്യം ഉണ്ടാവും ജീവന് ലോകമൊക്കെ അനിത്യം പക്ഷെ ആത്മജ്ഞാനം ഉണ്ടായില്ല വൈരാഗ്യത്തിന്റെ ഫലമായി എന്തെങ്കിലും ഒരു സാധന തുടങ്ങും നാമജപമോ നാമ ജപിക്കലോ ഏതെങ്കിലും രൂപത്തിനെ ധ്യാനിക്കലോ ഒക്കെ ചെയ്യും അങ്ങനെ രൂപധ്യാനവും നാമജപവും ഒക്കെ ചെയ്ത് തീവ്രമായ സാധനയുടെ ഫലം എന്താണെന്ന് വെച്ചാൽ ഈ ജീവനെ ബ്രഹ്മതത്വം ഉപദേശിക്കാനുള്ള ഗുരുവിന്റെ അടുത്ത് കൊണ്ടുചെന്ന് എത്തിക്കും അത് അങ്ങനെ ചിത്ര ഏതു വിദ്യാധരനായി അലഞ്ഞലഞ്ഞ് നടന്നപ്പോ തസ്മൃാളധേന സഹസ്രശീർ റൂപേണബ് നുതി സിദ്ധഗണാ പ്രാദുർഭവൻ അചിരത്തോ നുതി പ്രസന്നോ ദമനുഗൃതിരോദാഥ ചിത്രകേതു അങ്ങനെ പോയി ആരാന്ന് പറയാതെ പട്ടവർ പറഞ്ഞു സഹസ്രശീർഷ ആദിശേഷം ആയിരം തലയോടുകൂടെ അവിടെ മുമ്പിൽ പ്രകാശിച്ചു സംഘർഷണമൂർത്തി സംഘർഷണമൂർത്തി എന്നുള്ളത് സാധാരണ വൈദികമായ കർമ്മങ്ങളിൽ രുദ്രനാണ് പേര് വരിക സംഘർഷണമൂർത്തി സ്വരൂപോ രുദ്ര ശിവനും സംഘർഷണമൂർത്തിന്ന് പേരുണ്ട് ആദിശേഷനും സംഘർഷണമൂർത്തിന് പേരുണ്ട് ഇതൊക്കെ കൂടെ പുരാണങ്ങളെങ്ങനെ കൂട്ടിക്കുഴച്ചു നോക്കിയാൽ നമുക്കൊരു ചിത്രം വരും ഭാഗവതത്തിൽ പോലും സംഘർഷണമൂർത്തിയെ വർണ്ണിക്കുമ്പോൾ പരമേശ്വര സ്വരൂപമായിട്ട് തന്നെ ഇരിക്കുന്നു വർണ്ണമൊക്കെ ധനാളധവളം ആ ധവള വർണ്ണം ശിവന്റെ വർണ്ണമാണ് ശിവനെ പോലെ തന്നെ ജപമാലിയുമൊക്കെയായിട്ട് ഉള്ള രൂപവുമാണ് അവിടെ തൃശൂലവും ഒക്കെയായിട്ട് വർണ്ണിക്കും സംഘർഷണമൂർത്തിയെ രണ്ടും അതിൽ വൈഷ്ണവാംശവും ശിവ ശിവാംശവും രണ്ടും ചേർന്നിരിക്കും ആദിശേഷം തന്നെ വാസ്തവത്തിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ശിവസ്വരൂപമാണ് വിഷ്ണു ഒരു തരത്തിൽ പറഞ്ഞാൽ അംബികയുടെ സ്വരൂപമാണ് അതുകൊണ്ടാണ് വിഷ്ണുമായ എന്ന് പറയണത് ശിവമായ എന്ന് പറയാൻ വയ്യ ശിവാടക്കണത് ശിവാകാരമായ മഞ്ചത്തിലാണ് അങ്ങനെ നോക്കിയാൽ ആദിശേഷങ്ങളിൽ കിടക്കുന്ന വിഷ്ണു അംബികയാണെന്നും ആ ആദിശേഷൻ ശിവനാണെന്നും കണക്കാക്കാം ഏതായാലും ഇവിടെ ജ്ഞാനഗുരുവായിട്ടുള്ള സംഘർഷണമൂർത്തി സംഘർഷണന്റെ അടുത്ത് ചെന്നെത്തി സംഘർഷണൻ ജാഗ്രത് സ്വപ്ന സുഷുപ്തി സാക്ഷിയായിട്ടുള്ള ആത്മതത്വം ബോധിപ്പിച്ചു ജാഗ്രത് സ്വപ്നം സുഷുപ്തി എന്നുള്ളത് മൂന്നും ജീവന്റെ മുമ്പിൽ വന്നുപോകുന്നു ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്നു സ്ഥൂലമായ വിഷയങ്ങളെ അനുഭവിക്കുന്നു സ്വപ്നാവസ്ഥയിലിരിക്കണു സൂക്ഷ്മമായ വിഷയങ്ങളെ അനുഭവിക്കുന്നു ഇത് വിട്ട് കാരണ ശരീരത്തിൽ സുഷുപ്തിയിൽ ഈ മൂന്നും ഒരാൾ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു ആ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ആത്മാ ഈ ആത്മാവിനെ അറിഞ്ഞനുഭവിക്കണം ശരീരം കിട്ടിയിട്ട് ആത്മാവിനെ ആരറിയണില്ലയോ ആത്മാനം യോന ബുദ്ധേത ന ഖ്വചിത് ക്ഷമമാക്കുന്ന യാഥ അങ്ങനെയുള്ള ആൾക്കൊരു കാലത്തും ശാന്തി ഉണ്ടാവില്ല സമാധാനം ഉണ്ടാവില്ല ശാന്തി വേണമെങ്കിൽ ആത്മസാക്ഷാത്കാരം നേടണം തന്നെ കണ്ടെത്തണം താൻ ആരെന്നറിയണം തന്റെ സ്വരൂപം എന്താണെന്ന് അറിയണം ഞാൻ എന്താണ് ഞാൻ എന്ന് പറയുന്നത് ആരാണെന്ന് കണ്ടെത്തണം എന്ന് സംഘർഷണമൂർത്തി തത്വോപദേശം ചെയ്തു ഗുരു ഉപദേശിച്ച് അതൊന്ന് ഉപദേശം ഒന്ന് ഫലിക്കാൻ പിന്നെയും കാലം പിടിക്കും പിന്നെ എന്താ കാലം എന്ന് വെച്ചാൽ കർമ്മവാസനകൾ ക്ഷയിക്കണം അർജുനന് ഭഗവാൻ ഉപദേശിച്ച അറിവ് പൂർണാനുഭവത്തിൽ വരാൻ കൃഷ്ണൻ തിരോധാനം ചെയ്യണവരെ കാത്തിരിക്കേണ്ടി വന്നു ഭഗവത്ഗീത ഉപദേശിച്ചത് അവസാനം കൃഷ്ണൻ പോയ ശേഷം കിടന്ന് കരയാണ് അർജുനൻ ആ കരയുമ്പോഴാണ് ഗീതം ഭഗവത് ആ ജ്ഞാനം യത്തത് സംഗ്രാമ ഉപദേശിച്ച ജ്ഞാനം അപ്പോഴാ പ്രകാശിക്കണം അതുപോലെ ഇവിടെ ചിത്രകേതുവിന് ഈ ജ്ഞാനം പ്രകാശിക്കാൻ ഒരു ജന്മം കൂടെ വേണ്ടി വന്നു പാപക്ഷയം പുണ്യം ക്ഷയിച്ചു ശിവനെ ഒന്ന് പരിഹസിച്ചു സിദ്ധഗണങ്ങളുടെ നടുവിലിരിക്കുക ശിവൻ ഇവിടെ നോക്കുക സഹസ്ര ശ്രീകൃഷ്ണനായിട്ടുള്ള ആദിശേഷനും ബദ്ധനുതി സിദ്ധഗണാവൃത്തേന എന്നാണ് സിദ്ധഗണങ്ങളുടെ നടുവിലാണ് അതേപോലെ പരമശിവൻ സിദ്ധഗണങ്ങളുടെ നടുവിൽ പാർവതീദേവി എടുത്ത് മടിയിൽ വെച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിനും ഒന്നും വിഷമം തോന്നുന്നില്ല സിദ്ധന്മാരൊക്കെ ഇരിക്കണോ അവരൊക്കെ പരമഭക്തിയോട് ഇരിക്കണോ അവർക്ക് ആർക്കും വിഷമമല്ല ദേവിയെ വടിയിൽ വെച്ചുകൊണ്ടിരിക്കണതുകൊണ്ട് അവർക്ക് ആർക്കും അങ്ങനെ തോന്നും അച്ഛനും അമ്മയും ഇരിക്കണ പോലെ തന്നെ പക്ഷെ ചിത്രകേതുവിന് ഉള്ളിൽ അല്പം ദുഷ്ടവാസനയുള്ളതുകൊണ്ട് പരിഹസിച്ചു ശിവനെ സാധാരണ ലൗകികൻ പോലും സ്ത്രീയെ ഹസ്യമായിട്ടേ സ്പർശിക്കുള്ളൂ ഇദ്ദേഹം ബ്രഹ്മവാദി സഭാ സഭാപതി ബ്രഹ്മവാദികളുടെ സഭയ്ക്ക് പതിയായിട്ടുള്ളവൻ തീവ്ര തപസ് തപസ്വി മഹാവ്രതധരനായിട്ടുള്ള ആള് സഭയില് സ്ത്രീയെ മടിയിൽ വെച്ചുകൊണ്ടിരിക്കണമല്ലോ എന്ന് കളിയാക്കി ശിവൻ ചിരിച്ചു സിദ്ധന്മാരും കണക്കാക്കിയില്ല പക്ഷെ ദേവിക്ക് കോപം വന്നു ദേവി പറഞ്ഞോ ഇപ്പൊ നമ്മളെ നന്നാക്കാൻ ഇവനാണ് ഇപ്പം ഒരാൾ പുതിയതായിട്ട് പുറപ്പെട്ടിരിക്കണത് അസുരവിത്ത് ഇവന് അസുരവാസന ഇവന്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് അസുരനായിട്ട് ജനിക്കൂ എന്ന് ശവിച്ചു ശപിച്ചപ്പ ഉടനെ ചിത്രകേതുവിന് തന്റെ തെറ്റു മനസ്സിലായി ഇറങ്ങി വന്ന് അംബികയെ നമസ്കരിച്ചു കൊണ്ട് പാപത്തിന് പാപ ചോദിച്ചില്ല ചിത്രകേതു പറഞ്ഞു അമ്മയെ ദേവന്മാര് ശപിച്ചാൽ വരാൻ പോണത് മുൻകൂട്ടി പറയണു ഉള്ളൂ എനിക്ക് ഇങ്ങനെയൊരു പ്രാരബമുണ്ട് അതാണ് അംബിക ഇങ്ങനെ ശവിച്ചത് ഈ മായാലോകത്തിൽ എന്ത് ശാപം എന്ത് അനുഗ്രഹം ഗുണപ്രവാഹ ഏതസ് അനുഗ്രഹ എന്തിനെ ശാപം എന്ന് പറയണെ എന്തിനെ അനുഗ്രഹം പറയണമെന്ന് അറിയണില്ല എന്തായാലും ഞാൻ എന്താ കൈനീട്ടി അത് വാങ്ങിക്കുന്നു അമ്മയുടെ മനസ്സ് വിഷമിച്ചതിന് ഞാൻ ക്ഷമായാചന ചെയ്യണു എന്ന് പറഞ്ഞു ആ ചിത്രകേതു വൃത്രനായി ജനിച്ചു ദേവന്മാരെയൊക്കെ കിടകിടാവ് അർപ്പിച്ചു ദേവന്മാര് പലവട്ടം യുദ്ധം ചെയ്തിട്ടും വൃത്തനെ ജയിക്കാൻ കഴിയാതെ വന്നപ്പോ അവസാനം ഭഗവാനോട് ചെന്ന് പ്രാർത്ഥിച്ചു ഭഗവാനെ വൃത്തനില് നിന്ന് ഞങ്ങളെ രക്ഷിക്കണം ഗദ്യത്തിലാണ് പ്രാർത്ഥന പരമകാരുണിക കല്യാണ ജഗദാധാര കേര ലോകൈകനാഥ ലക്ഷ്മീനാഥ പരമഹംസ പരിവ്രാജി പരമേണ സമാധിനൊക്കെ പറഞ്ഞിട്ട് നീണ്ടൊരു ഗദ്യപ്രാർത്ഥന എന്നാ വൃത്രന്റെ അടി കൊണ്ടിട്ട് ദേവന്മാർക്ക് പദ്യമൊന്നും വരണില്ല അത്രേ ഗദ്യത്തിലാണ് ഭഗവാൻ പറഞ്ഞു പദ്യം ഗദ്യം നന്നായിട്ടുണ്ട് റോസിലാണെങ്കിലും നന്നായിട്ടുണ്ട് പക്ഷെ ഭക്തി പോരാ എന്താന്ന് വെച്ചാ എന്റെ ഭക്തന്മാർ എന്നോട് ഒന്നും ചോദിക്കില്ല എന്താ വേണ്ടത് വൃത്രവധം ഭഗവാൻ പറഞ്ഞു വൃത്രനെ അത്ര എളുപ്പത്തിൽ കൊല്ലാൻ പറ്റില്ല ഏതെങ്കിലും ത്യാഗിയുടെ സഹായം വേണം അതുകൊണ്ട് ദദീജി മഹർഷിയുടെ നട്ടെല്ലുകൊണ്ട് വജ്രായുധം നിർമ്മിക്കണം നേരെ പോയി ദദീജിയുടെ ആശ്രമത്തിലേക്ക് ഒരാളുടെ അടുത്ത് പോയിട്ട് നട്ടെല്ലെങ്ങനെ ചോദിക്കും അല്ലേ ഒരാളോട് പോയിട്ട് വേറെ എന്തെങ്കിലും കിഡ്നി കൊടുത്താൽ പോലും ഇനിയും ജീവിക്കാമെന്ന് പറയണു നട്ടെല്ല് കൊടുത്താൽ എങ്ങനെ ജീവിക്കും നട്ടെല്ല് ഇല്ലാതെ പ്രഭാഷണത്തിന് ഇരുന്ന് എങ്ങനെയുണ്ടാവും ആലോചിച്ച അദ്ദേഹത്തിന് അപ്പൊ നട്ടെല്ല് കൊടുത്താൽ എങ്ങനെ ജീവിക്കും ദദീജിയുടെ ആശ്രമത്തിൽ പോയി അതും ചോദിച്ചു മഹർഷി ചോദിച്ചു എന്താ വന്നത് ഏ കാര്യമായിട്ടൊന്നുമില്ല അങ്ങയുടെ നട്ടലിന് തൽക്കാലം ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അപ്പൊ ഉടനെ കൊടുത്താ വേണ്ടില്ല ദതീജി പറഞ്ഞു വൃന്ദാരകായൂയം നിങ്ങളൊക്കെ ദേവന്മാരാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് ശരീരത്തിൽ എന്തൊക്കെ വേദന ഉണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവില്ല അപ്പോഴെങ്കിലും ന വേണ്ടാന്ന് പറയണ്ടേ നനുസ്വാർത്ഥപരോ ലോകഹാന വേദപരസങ്കടം ഞങ്ങൾ സ്വാർത്ഥന്മാരാണ് സ്വീകരിച്ചാൽ കഴിഞ്ഞു എന്നർത്ഥം ഇനി ഞങ്ങൾ ഉപദേശിക്കണ്ട ചിലരങ്ങനെ പറയും ഞങ്ങളൊക്കെ ലൗകികന്മാരാണ് ഞങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവസാനം ദതിജി ഇവരുടെ സ്വാർത്ഥത്തെ ദതിജിക്കും അറിയാം യോഗസമാധിയിലിരുന്ന് ശരീരം ഉപേക്ഷിച്ചു ആ നട്ടലിലെടുത്ത് വജ്രായുധം നിർമ്മിച്ച് വൃത്രനെ വധിക്കാനായിക്കൊണ്ട് മുൻപിൽ ഇന്ദ്രൻ വന്നു ഇന്ദ്രന്റെ വജ്രായുധം കണ്ട അസുരന്മാരൊക്കെ പേടിച്ചോടി വൃത്രം മാത്രമേ ബാക്കിയുള്ളൂ അവരെയൊക്കെ തടസ്സം ചെയ്ത് നോക്കി വൃത്രൻ നിങ്ങളൊന്നും ഓടരുത് ഒന്നിൽ യുദ്ധം ചെയ്ത് മരിക്കണം അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനത്തിൽ സമാധിയില് ശരീരം ഉപേക്ഷിക്കണം ഇതാണ് ധീരന്മാരുടെ പദ്ധതി ഇങ്ങനെ ആരെങ്കിലും പേടിച്ചു ഓടുകോ നിൽക്കുമോ എന്ന് പറഞ്ഞു ഒറ്റ ആള് നിന്നില്ല ജയിക്കും കണ്ടപ്പോ ഒക്കെ പുറകെ ഉണ്ടായിരുന്നുവേ ലക്ഷം ലക്ഷം പിന്നാലെ ഇപ്പൊ തോൽക്കും എന്ന് ഒറ്റ ആള് പുറകെയില്ല ആരും ഇല്ല എല്ലാം കാലി താൻ മാത്രം അപ്പൊ ഇന്ദ്രൻ ഗതയെടുത്തു ഒരു അടി കൊടുത്തു ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് ഗത ചോട്ടലും ഉണ്ട് എന്നിട്ട് ഇന്ദിരനെ കുറെ ചീത്ത പറഞ്ഞു കൊടുത്തവൻ തന്നെ തനിക്കിട്ട് ഞാൻ മൂന്ന് പേര് വെച്ചിട്ടുണ്ട് പല പേരും തനിക്ക് പലരും തന്നിട്ടുണ്ടല്ലോ വാസവൻ ഇന്ദ്രൻ ശക്രൻ എന്നൊക്കെ പേരുണ്ട് തനിക്ക് ഞാനും ഒരു മൂന്ന് പേര് തരാം എന്താ മൂന്ന് പേര് എന്ന് വെച്ചാൽ ഭ്രാതൃഹ ഗുരുഹാ ബ്രഹ്മ ഭ്രാതാവിനെ കൊന്നവൻ ഗുരുവിനെ കൊന്നവൻ ബ്രാഹ്മണനെ കൊന്നവൻ എന്താ വൃത്രന്റെ ഏട്ടനായിട്ടുള്ള വിശ്വരൂപനെ പൗരോഹിത്യത്തിനെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടു വന്നിട്ട് അദ്ദേഹത്തിൽ അസുരാംശം ഉള്ളത് കൊണ്ട് അസുരന്മാർക്ക് ഇത്തിരി ആഹുതി പോയി എന്ന് പറഞ്ഞ് മൂന്ന് തലയും വെട്ടി ആ വിഷമത്തിലാണ് വൃത്രനെ സൃഷ്ടിച്ചത് ദ്വഷ്ടാവ് ആദ്യം കൊറേ ചീത്ത പറഞ്ഞു ഇന്ദിരനെ എന്നിട്ട് വൃത്രം പറഞ്ഞു ആ നീ തന്നെ ഞാൻ ഇന്ദ്രൻ ചീത്ത പറയണം ഇതൊക്കെ വിധിയാണ് നടക്കാണ്ടതാണ് നടന്നിരിക്കണത് ആ വജ്രായധം ഉണ്ടല്ലോ അതെടുത്തിട്ട് വേഗം ഈ ശരീരം ഒന്ന് വെട്ടി ചുവട്ടലിടവും എന്താ അപ്പം മരിക്കാൻ ഇത്ര കൊതി അല്ല ഇനിയിപ്പോൾ ഞാൻ ആർക്കു വേണ്ടി യുദ്ധം ചെയ്യണം ആർക്കു യുദ്ധത്തിന് വന്നോ അവരാരും ഇല്ലാത ഒക്കെ പോയി ഇതാണ് ലോകത്തിന്റെ സ്വഭാവം ഇന്ദിര തന്റെ പുറകിൽ ഇപ്പോൾ എത്ര ആളുകൾ ഉണ്ടല്ലോ ഇവരൊന്നും ശാശ്വതമെന്ന് താൻ ജയിക്കുന്ന കണ്ട ഇവരൊക്കെ കൂടെ ഉണ്ടാവും താൻ തോൽക്കുമ്പോൾ ഇവരാരും ഉണ്ടാവില്ല അതുകൊണ്ട് ഇത് വെറും കള്ളമാണ് താൻ ആ വജ്രം കൊണ്ടു വെട്ടിയാൽ ഞാൻ ബ്രഹ്മജ്ഞാനികളായ മുനികൾ പ്രാപിക്കുന്ന അവസ്ഥയെ പ്രാപിക്കും ആ വജ്രം കൊണ്ട് വെട്ട് ആനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോ വൃത്രന് ചിത്രകേതു പൂർവ്വജന്മത്തിന് ചിത്രകേതു സംഘർഷണമൂർത്തിയിൽ നിന്നും ബ്രഹ്മവിദ്യ സ്വീകരിച്ചതാണ് സംഘർഷണന്റെ ദർശനമുണ്ടാവണം മരണസമയത്ത് ഗുരുവിന്റെ ദർശനം സംഘർഷണന്റെ ദർശനമുണ്ടാവണം വൃത്രന്റെ ഭാവങ്ങളൊക്കെ മാറി യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോ തന്നെ സമാധിയുടെ ലഹരി വൃത്രം പറഞ്ഞു ഇന്ദ്രനോട് എന്നെ ആ വജ്രം കൊണ്ട് വെറ്റാ ചൊദ്വജ്രുംഹോലുളിദഗ്രമ്യപാശാം ഗതി മുനേറിയാമ്യപവിദ്ധലോകാം മുനികൾ പ്രാപിക്കുന്ന സ്ഥിതിയെ ഞാൻ പ്രാപിക്കും വിന്ദത്തില് ഞാൻ ലയിക്കാൻ പോണു വജനം കൊണ്ട് വെട്ടു ഇയാൾ എന്താ പറയണതെന്ന് പിടിയിട്ടില്ല ഇന്ദ്രൻ അപ്പോ വൃത്രനൊരു ചെറിയൊരു ഉപദേശം കൊടുത്തു ഇന്ദ്രൻ ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്ര ഭഗവാൻ രണ്ടുവിധത്തിൽ മനുഷ്യരെ അനുഗ്രഹിക്കും ലൗകികമായിട്ടും അനുഗ്രഹിക്കും ആധ്യാത്മികമായിട്ടും അനുഗ്രഹിക്കും ലൗകികമായിട്ട് അനുഗ്രഹിക്കുമ്പോൾ ഭഗവാൻ എന്തു ചെയ്യും ധാരാളം സമ്പത്ത് കൊടുക്കും നല്ല ഉയർന്ന പൊസിഷൻ കൊടുക്കും സുഖസൗകര്യങ്ങളൊക്കെ കൊടുക്കും മക്കളെ കൊടുക്കും നല്ല സ്ഥാനം കൊടുക്കും മാനം കൊടുക്കും എല്ലാം കൊടുക്കും പക്ഷേ തന്നെ കൊടുക്കില്ല ആധ്യാത്മികമായിട്ട് അനുഗ്രഹിക്കുമ്പോ എന്തൊക്കെ കൊടുത്തുവോ അതിനെയൊക്കെ എടുക്കും അതാണത്രേ അങ്ങനെ ഒരു അനുഗ്രഹം തനിക്ക് ഏകാന്ത ഭക്തന്മാരായിട്ടുള്ളവരെ ഭഗവാൻ അനുഗ്രഹിക്കുമ്പോ പുും സമ്പദോദി വിഭൂമൌരസം നരാതിയദ്വേഷ ഉദ്വേഗ ആദി മതകലിർവ്യസനം സമ്പ്രയാസഹ ഏകാന്ത ഭക്തന്മാർക്ക് സമ്പദ് ഭൂമൌ രസായ ഭൂമിയിലോ സ്വർഗത്തിലോ രസാതനത്തിലോ ഒക്കെ എന്തൊക്കെ സമ്പത്തുണ്ടോ അതൊന്നും കൊടുക്കില്ല രാത്രി എന്താന്ന് വെച്ചാൽ അതൊക്കെ കൊടുത്താൽ അതിൽ നിന്നും ആങ്സൈറ്റി ഉദ്വേഗം ഭയം മറ്റുള്ളവരോട് ദ്വേഷം അത് രക്ഷിക്കാനുള്ള വ്യഗ്രത ഇങ്ങനെ പല വിഷമങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് കൊടുക്കില്ല പിന്നെന്ത് ചെയ്യും ഇയാൾ ധർമ്മം ചെയ്യാൻ പുറപ്പെട്ട തടസ്സം അർത്ഥം സമ്പാദിക്കാൻ പുറപ്പെട്ട തടസ്സം കാമം അനുഭവിക്കാൻ പുറപ്പെട്ടാൽ തടസ്സം എന്തിനും തടസ്സം വരും ത്രൈവർഗികസ വിഘാതമസ്മത്പതിർവിധത്തെ പുരുഷക്രാ തേയോ ഭഗവത് പ്രസാദായോ ദുർലഭോ അകിഞ്ചനഗോചരോണ്യ ഒരേ ഒരു മാർഗം മാത്രം തുറന്നുവെക്കും മോക്ഷമാർഗം ബാക്കിയെല്ലാത്തിനെയും തടസ്സം ചെയ്യും അപ്പോ സാധാരണ മനുഷ്യന് അജ്ഞാനിയാണെങ്കിൽ അയാള് പറയും എന്താ ഈശ്വരനെ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണത് പണം സമ്പാദിക്കാൻ പോയാൽ അതും നടക്കണില്ല സുഖം അനുഭവിക്കാൻ പുറപ്പെട്ടാൽ അതും നടക്കണമില്ല ഇനിയിപ്പിതൊന്നും വേണ്ട ഒരു നല്ല കാര്യം വല്ലതും ചെയ്യാന്ന് വച്ചാൽ അതിനും തടസ്സം എന്താ ഇങ്ങനെ കഷ്ടപ്പെടുത്തണതാന്ന് വെച്ചാൽ അപ്പൊ അനുമതി അനുമാനിക്കണം ഭഗവത് പ്രസാദ ഭഗവാൻ പറയണു ഈ കളിയൊക്കെ മതി ഇനി കളിപ്പാട്ടങ്ങൾ വെച്ച് കളിക്കണ്ട മതി ഇനി എന്നെ അന്വേഷിക്ക എനിക്ക് ശരണാഗതി ചെയ്യ എന്നെ കണ്ടെത്താ ജീവിതത്തിന്റെ പരമലക്ഷ്യമായിട്ടുള്ള ഈശ്വര സാക്ഷാത്കാരത്തിന് പരിശ്രമിക്കൂ ബാക്കിയുള്ളതൊക്കെ മതി എന്ന് പറയണമെന്ന് അനുമാനിക്കണോ അത്രേ പറയണതാരാ അസുരൻ അസുരനെ കൊണ്ട് പറഞ്ഞാലെങ്കിലും നമുക്ക് നാണം തോന്നുവോ എന്ന് വെച്ചിട്ടാണ് വ്യാസം പറയുന്നത് അപ്പൊ അസുരൻ പറയുന്നു ഇത്രയുമൊക്കെ പറഞ്ഞ അസുരൻ മുമ്പിലുള്ള ഇന്ദ്രനെ മറന്നു യുദ്ധഭൂമി മറന്നു എല്ലാം മറന്നു ഡയറക്ടായിട്ട് ഭഗവാനോട് വർത്തമാനം പറയുക അതും നമുക്ക് ഭക്തി എന്താണെന്ന് കാണിച്ചു തരാം വർത്തമാനം നടുവിൽ ഇന്റർമീഡിയറി ആയിട്ട് ആരും ഇല്ല നേരിട്ട് അഹംഹരേ തവ പദൈകൂലസാദോ ഭതൂഹ മനഃസ്മരെത അസുപത്തെർഗുസ് ഗൃണീത വർമ്മു കാ പാര നവഭൗമധിപത്യോ സിദ്ധി അപുനർഭവം വ സമ്ജസ്പ വിരഹയ കാക്ഷേ അജാതപക്ഷ ഇവ മാതരം ഖഗാ സ്തന്യം യത്സതാക്ഷുധർ പ്രിയം പ്രിഷ്ടം വിശന്ന മനോരവിന്തി ദൃക്ഷതി ോത്തമ ശ്ലോകജനേഷു സഖ്യം സംസാര ചേ ഭ്രമത സ്വർമ്മഭർ ത്മായയാത്മാത്മജാരഗേഹേഷു ആസക്തചിത്ത നഥ ഭൂയാത് അഹംഹരേ തവ പദൈകമൂലാസാദോ ഭവിതസ്മി ഭൂയ ഭഗവാനെ ഞാൻ അവിടുത്തെ പാദദാസന്മാരുടെ ദാസന്മാരുടെ ദാസനായിട്ടിരുന്നോളാം ഭൃത്യപരിചാരക ഭൃത്യഭൃത്യഭൃത്യസ് ഭൃത്യുതിമാം സ്മരലോകനാഥ എനിക്ക് വേറെ ഒന്നും വേണ്ട മനസ്മരേത് അസുപതേഹേ ഗുണാന് ഭഗവാനെ അസുപതി എന്ന് വിളിച്ചു അസുപതി എന്ന് വച്ചാൽ പ്രാണനാഥൻ അസ്മത്പതിർവിധത്തെ ഞങ്ങളുടെ ഭഗവാൻ എന്നാണ് വൃത്തം പറയുന്നത് ഇന്ദ്രന്റെ അടുത്ത് ഈ ഇന്ദ്രൻ പറഞ്ഞു ഞങ്ങൾക്കാണല്ലോ ഇത് അപ്പൊ ഗതീജിയുടെ എല്ലുകൊണ്ടുവന്ന് വജ്രായത് കൊണ്ടാക്കി തന്ന അതൊക്കെ തരും പക്ഷെ തന്നെ തരില്ല ബാക്കിയൊക്കെ തരും ചോക്ലേറ്റ് മുട്ടായ കൊടുക്കണ പോലെ ഇങ്ങനത്തെ സുഖങ്ങളൊക്കെ തരും തന്നെ തരില്ല ഇനി ഞങ്ങൾക്ക് ഇത്ര കാലം വിജയം തന്നു അപ്പൊ തന്നെ തന്നില്ല ഇപ്പൊ പരാജയം തരുമ്പോ തന്നെ തരണം ഭഗവാൻ ദാ മുമ്പിൽ വന്ന് നിൽക്കണു എപ്പോ വിജയം വരുമ്പോ അപ്പൊ ഭഗവാനില്ല എപ്പോ പരാജയം വരണോ അപ്പൊ മുമ്പിൽ വന്ന് നിൽക്കണു ഭഗവാൻ മുമ്പിൽ പ്രകാശിച്ച് നിൽക്കണു ഇതാ സദാ തെളിഞ്ഞു നിൽക്കണു അതാണല്ലോ വർത്തമാനം പറയണത് അസ്മത്പതിഹി അസുപതിഹി അസുപതി എന്ന് വെച്ചാ പ്രാണനാഥൻ എനിക്ക് എന്തു വേണം ഒന്നും വേണ്ട ഭഗവാനെ എനിക്ക് അവർക്ക് ഈ നാഗത്തിന്റെ പൃഷ്ഠം സ്വർഗത്തിന്റെ പൃഷ്ഠത്തിലിരിക്കാനാണല്ലോ കാമിക്കണത് എനിക്ക് വേണ്ട രാജ്യാധിപത്യം വേണ്ട സിദ്ധികളൊന്നും വേണ്ട പുനർജന്മം വരാതിരിക്കണോ അതും ആഗ്രഹിക്കുന്നില്ല ഇരുന്നാൽ മതി സമഞ്ജസൻ എന്ന് വിളിച്ചു ഭഗവാന് സമഞ്ജസൻ എന്ന് വെച്ചാൽ എല്ലാ ഉള്ളവൻ ഇനി അതിലൊന്നിന്റെയും കുറവില്ല ജ്ഞാനം ഭക്തി വൈരാഗ്യം നിത്യം ശുദ്ധം ബുദ്ധം മുക്തം സർവ അലൗകിക ലക്ഷണങ്ങളും തികഞ്ഞവൻ അങ്ങനെയുള്ള സർവ്വകല്യാണ ഗുണനിധിയായിട്ടുള്ള ഭഗവാനെ ഒരു ക്ഷണം വിട്ടുപിരിഞ്ഞിക്കാൻ വയ്യ ചിറകു മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് തള്ളപ്പക്ഷിയെ പോലെ പാൽ കുടിക്കേണ്ട നേരം കിടാവ തള്ളപ്പശുവിന്റെ അകിട് നോക്കി നിൽക്കണ പോലെ ദൂരത്തുപോയ പ്രിയനെ കാത്തുകൊണ്ടിരിക്കുന്ന വധുവിനെ പോലെ അഥവാ ഒരു യുവതിയെപ്പോലെ ഭഗവാനെ അവിടുത്തെ ദർശനത്തിനായി എന്റെ ഹൃദയം പെടഞ്ഞുകൊണ്ടിരിക്കുന്നു അജാതപക്ഷ ഇവ മാതരം ഖഗാഹ സ്തന്യം യഥാവത്സദരാക്ഷുദാർഹം പ്രിയം പ്രിയേവ്യൂഷിതം വിഷണ്ണാ മനോ അരവിന്ദാക്ഷ ദിദൃക്ഷതേ ത്വാം അവിടുത്തെ കാണാൻ അങ്ങെ കാണാൻ മനസ്സ് തുടിച്ചുകൊണ്ടിരിക്കുന്നു പെടഞ്ഞുകൊണ്ടിരിക്കുന്നു അജാതപക്ഷായുവരം ചിറകു മുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞുങ്ങൾ എന്ന് വെച്ചാൽ സാധനയുടെ ആരംഭദശയിൽ ചിറക് എന്താണ് വിവേകം വൈരാഗ്യം ഇത് രണ്ടും ഇല്ലെങ്കിൽ ആത്മാനുഭവത്തിന്റെ ആകാശത്തിൽ പറക്കാൻ പറ്റില്ല വിവേകവും വൈരാഗ്യവും ഇല്ല പക്ഷെ ലക്ഷ്യം ഇതാണെന്ന് അറിയുകയും ചെയ്തു അപ്പൊ എങ്ങനെ അങ്ങോട്ട് പറക്കും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരുന്ന ആശപ്പെട്ടുകൊണ്ടിരിക്കാം അത്രയോ ആ അവസ്ഥയിലിരിക്കണമെന്നാണ് ഭഗവാനെ ആ അനുഭൂതിക്ക് പോവാനുള്ള സ്വയം സാധന ചെയ്യാൻ വയ്യ ജപിക്കാൻ വയ്യ ധ്യാനിക്കാൻ വയ്യ ശാസ്ത്രമറിയാനുള്ള അറിവില്ല യാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അതാണ് ചരകുമുളയ്ക്കാത്ത പക്ഷിക്കുഞ്ഞ് രണ്ടാമത് കെട്ടിയിട്ട കിടാവ് കിടാവ് കുറച്ചു ദൂരത്തേക്ക് ഒന്ന് നീളും കയർ എത്ര നീളം ഉണ്ടോ അത്രയും നീളം പോവും അതാണ് കുറച്ചെന്തോ ജപിക്കും കുറച്ചെന്തോ പൂജിക്കും കുറച്ചെന്തോ ധ്യാനിക്കും കുറച്ച് അമ്പലത്തിൽ പോകും എന്നാലും ഒക്കെ പരിചിഹം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു സർക്കിൾ അതിന് മേലെ ഒന്നും ചെയ്യാൻ വയ്യ അപ്പൊ കിടാവിനെ പോലെ അങ്ങോട്ട് ആഞ്ഞു നിൽക്കുക അപ്പോഴും വയ്യ മൂന്നാമത് പ്രിയം പ്രിയേവ പരസ്പരം പ്രീതി ഏർപ്പെട്ടു ഭഗവാനോട് പ്രീതി ഏർപ്പെട്ടു ഭഗവാന്റെ കാരുണ്യം ഇങ്ങോട്ടും വീണു എന്നാലും ദൂരത്ത് നിൽക്കണു വിഷിതം എവിടെയോ ദൂരത്തുള്ള പ്രിയൻ കാത്തുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയെ പോലെ ഞാനിതാ ഭഗവാനെ അവിടത്തെ കാത്തുകൊണ്ടിരിക്കും ഇനിയൊരു ജന്മം ഉണ്ടാവുകയാണെങ്കിൽ സത്സംഗം തരൂ അങ്കിരസിനെ പോലെ നാടിനെ പോലെയുള്ളവരുടെ സംഘം ഏർപ്പെടട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്ര ഈ ശരീരം സത്വം രജസ് തമസ് മുതലായ ഗുണങ്ങളുടെ ചേർക്കും അതിൽ നിന്ന് കർമ്മങ്ങളും ഉണ്ടാവുന്നു ഈ കർമ്മങ്ങളൊന്നും ആത്മാവിനെ ബാധിക്കണില്ല അവിടെ കർത്താവാണ് താൻ എന്ന് വിചാരിക്കണവൻ അജ്ഞാനി ഞാൻ കർത്താവല്ല സാക്ഷി മാത്രമാണെന്ന് അറിയുന്നവൻ ജ്ഞാനി ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ യാതൊരു കർമ്മവും ബാധിക്കില്ല ഞാൻ അസുര ശരീരത്തിൽ ഇരുന്നാലും അസുര സ്വഭാവം എന്നെ ബാധിക്കണില്ല ഞാൻ ചിതാകാശ സ്വരൂപൻ ആകാശത്തിൽ മേഘങ്ങൾ വന്നു പോലെ ആത്മാവാകുന്ന ഇന്നിൽ ശരീരങ്ങൾ വന്നു പോയിക്കൊണ്ടിരിക്കുന്നു സ്വഭാവങ്ങളും വന്നുപോയിക്കൊണ്ടിരിക്കുന്നു എന്നെ ബാധിക്കില്ല ഇത് കണ്ട് ഇന്ദ്രൻ അന്ധം വിട്ടുപോയിത് എന്താ അത് ഒരാരനാണ് ബ്രഹ്മവിദ്യ പറയണത് അതാണിവിടെ ഭട്ടതിരി പറഞ്ഞത് നിസ്സംഭ്രമസ് നിസ്സംഭ്രമസ്തു അയം അയാചിതശാപമോക്ഷോ വൃത്രാസുരത് ഉപഗമ്യ സുരേന്ദ്രയോധി ഭക്യാത്മതത്വകഥനൈ ഭക്തി ആത്മതത്വകഥനൈ സമരെ വിചിത്രം ശത്രു ഭ്രമമപാസ്യഗത പദം ഭക്തിയും ആത്മതത്വവും ഉപദേശിച്ചു ഭക്തിയാണ് ആദ്യം പറഞ്ഞത് രണ്ടാമത് പറഞ്ഞത് ആത്മതത്വം ആത്മതത്വവും ഉപദേശിച്ചു ഒരു വൃത്ര ഗീത പറഞ്ഞു അഹോ ദാനവ സിദ്ധോസി യേ മതീദൃശീ ഭക്ത സർവാത്മാനാത്മാനം സുഹൃദം ജഗതീശ്വരം ഭവാൻ മായാം വൈ വൈഷ്ണവീം ജനമോഹിനം യദ്വിഹായുരം ഭാവം മഹാപുരുഷതം ഗത ഹേ ദാനവ അസുര നീ സിദ്ധനായിരിക്കണു സിദ്ധി നേടിയിരിക്കുന്നു എന്താ സിദ്ധി എന്ന് വെച്ചാൽ ആ അസുരഭാവത്തിനെ വിട്ടുകളഞ്ഞിട്ട് മഹാപുരുഷതാം ഗത മഹാപുരുഷനായി തീർന്നിരിക്കുന്നു സിദ്ധനായിരിക്കണു ഭഗവാന്റെ ഭക്തനായിരിക്കണം എന്ന് പറഞ്ഞ് നമസ്കരിച്ചു ഇന്ദ്രൻ ശത്രു നമസ്കരിച്ചു എന്നിട്ടും പിന്നെ യുദ്ധം ചെയ്തു വൃത്രനെ വധിച്ചു അങ്ങനെ വൃത്തര കഥ അതോടുകൂടെ നമ്മളിപ്പോ നിർത്താം ഇനി ഉച്ചക്ക് രണ്ടര മണിക്ക് ശേഷം തുടങ്ങാം ഒരു പ്രഹ്ലാദ ചരിത്രം നരസിംഹാവതാരം ഉച്ചയ്ക്ക് അടുത്തത് ഇപ്പം